ും നാല് ശനൈരുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശൻതുവെന്ന് രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ് മണ്ണോടെണ്ണു മീ ജനം നിലയ്ക്കുമൊക്കെയും ജയിക്കുമാതിദൈവമേ സനൈരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശനിന്തുവെന്ന് രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ് മണ്ണോടെണ്ണും നിലക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ നല്ല ഒരു ബിംബമാണ് ഇത്രയും കറക്റ്റ് ആയിട്ടുള്ളൊരു ബിംബം ബിംബം എന്ന് പറയുന്നതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഒരു അല്പം കാവ്യഭാവന വേണം ബിംബങ്ങൾ ഭാരതീയ സാഹിതിയുടെ ചമൽക്കാര രംഗങ്ങളാണ് ഷേക്സ്പിയറുടെ ആസ്യു ലൈക്കിറ്റെടുത്ത് പഠിച്ചാൽ നോ ജുവലീസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റേൺ സൈഡ് നോ ജുവലീസ് ലൈക്ക് റോസാലിൻ ഇങ്ങനൊരു പദം വായിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് ജീവനുള്ളൊരു ചമൽക്കാരമൊന്നും കിട്ടില്ല കാരണം റോസാലിൻ്റെ ഒരു ആഭരണം മാത്രമാണ് മനസ്സിലായില്ല ഷേക്സ്പീരിൻ കൃതികളിൽ അതുല്യ പ്രഭയുള്ളൊരു കൃതിയാണ് അസ് യു ലൈക്ക് ഇറ്റ് മറിച്ച് നിഷണ്ണഹരിണു പാവന ആ ശൈലേന്ദ്രപാദങ്ങളും ചീരം ചാർത്തിന വൃക്ഷം ഒന്ന് അതിനടിക്കായിട്ട് കാന്തൻ്റെ മാൻപേടയും വേണ്ടതാം സജീവാണോ ചിത്രം സജീവാണോ സ്ത്രീരത്ന സൃഷ്ടിമനുചിന്യ വപുശ്ചത കാളിദാസൻ ശാകുന്തളത്തിൽ നിങ്ങളുടെ വൈകാരിക സാക്ഷരത മുഴുവൻ വളരുന്ന ചിത്രമാണ് പത്തു വയസ്സുള്ളൊരു കുട്ടി മുമ്പിൽ പോകുന്ന അമ്മ തലയിൽ വച്ചിരിക്കുന്ന പാൽക്കുടത്തിൽ ഒരു കല്ലെറിഞ്ഞ് ആ പാൽ അഭിഷേകമായി ഒഴുകിപ്പോകുന്നൊരു ചിത്രം നഷ്ടപ്പെടുന്ന പാലിനേക്കാൾ ആ കുസൃതിക്കുട്ടൻ്റെ കളിയിൽ ആ അമ്മയും ആ കുട്ടിയും ചേരുന്നൊരു ഇണക്കമുണ്ട് അമ്പാടിയിലൂടെ സഞ്ചരിച്ചു നോക്കണം ഇതിന് ബിംബങ്ങൾ എന്ന് പറയും ആധുനിക കവികളും ചിലരും എഴുതിയിട്ടുണ്ട് അവരും എഴുതാതിരുന്നിട്ടില്ല പഞ്ചേന്ദ്രിയറുത്തുഹോമിച്ചതം വഞ്ചിതാജ്വലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വന്തപം ചെയ്ത് അമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ അഗ്നി അഗ്നിപൂജയിൽ അയ്യപ്പ പണിക്കർ നല്ല ബിംബമാണ് ഈ ശ്ലദ്ധ ബിംബങ്ങൾ ബ്രോക്കൺ ഇമേജസ് പക്ഷെ അവയ്ക്കൊന്നും ദർശനത്തെ തരില്ല ഒന്നുമിന്നി സുഗന്ധം അറിയും കവിതയെ ദർശനം ദർശനത്തെ കവിത ആശ്ലേഷിച്ചു നിൽക്കുമ്പോൾ ഒരു ബിംബമുണ്ട് സാഹിത്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾക്ക് ജനറലായി പറഞ്ഞതല്ല അതിൽ നിങ്ങൾക്ക് അഭിരുചിയുണ്ടെങ്കിൽ ഉണരട്ടെ എന്ന് ആഗ്രഹിച്ചു പറഞ്ഞതാണ് ഗുരുദേവൻ്റെ ഈ ശ്ലോകം അതുല്യമായൊരു ബിംബത്തെ അതിരുന്നത് കാലത്തെ ഇറങ്ങി സൂര്യനെ കണ്ട് രാത്രിയിൽ ചന്ദ്രനെ കാണുമ്പോൾ ഞാനും നിങ്ങളും അറിയുന്നില്ല ഈ രണ്ടു പേരും കൂടെ ചേർന്ന് എൻ്റെ ആയുസാണ് തിന്നു തീർക്കുന്നതെന്ന് എന്നെ കൊന്നു തിന്നുന്ന രണ്ടു പേരാണ് ഇവരെന്ന് ഞാൻ അറിയുന്നില്ല ദിനേശനും ഇന്ദുവുമാകുന്ന രണ്ട് കന്തുകം അമ്മാനമാടി ഈ ജനങ്ങളെ കൊന്നു തിന്നുന്ന സംഹാര ബിംബം മനസ്സിലായോന്നറിയില്ല ഹേ രുദ്ര അവിടുന്ന് ഇടത്ത് കയ്യിൽ ഒരു പന്തും വലത്തു കയ്യിൽ ഒരു പന്തും ഇട്ട് അമ്മാനം ആടുമ്പോൾ ഞങ്ങളുടെ ആയുസ് എല്ലാം തീരുക ഇതൊരു കാവ്യഭാവന വീട്ടിൽ പോയി പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചു നോക്ക് ഇതുവല്ലാണോ നിങ്ങളുടെ സിലബസിൽ പഠിപ്പിക്കാനുള്ളത് എത്രത്തോളം ഭാവസാന്ദ്രമാണ് കവിതെന്നാലോചിച്ചത് ആലോചിക്കും തോറും ചമൽക്കാരമുണ്ടാവും ഇവിടെ നീ അമ്മാനം ആടുമ്പോൾ ഈ ജനങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആശയും പ്രതീക്ഷയും സംഗതവും മണ്ണോടെ നീ ജയിക്കും കാരണം നീ അമ്മാനം ആടി കളിക്കുകയാണ് നിന്റെ കളി അരഞ്ഞ് തകർക്കുകയാണ് ഞങ്ങളോ മണ്ണോട് ചേരും എന്തെല്ലാം ആശകൾ പ്രതീക്ഷകൾ സംഗതം സൂനൃതം ഇഷ്ടം പൂർത്തം പുത്രൻ പശു എല്ലാം ഒന്നോർത്താൽ ഈ കളിയിൽ നിനക്ക് മാത്രമേ ജയമുള്ളൂ നിന്നെ അക്കരൊന്ന് കണ്ടപ്പോൾ നിന്റെ സൂക്തി ഇതായിരുന്നു ആ കളിയിലൊരിടം എനിക്ക് തരണമേ ഗംഭീരമായ ബിംബമാണ് ഇനി നോക്കിക്കോ ആ ബിംബത്തിൻ്റെ പൊരുളറിയാൻ ദിനേശ്വൻ ഇന്ദു എന്ന് രണ്ട് കന്തുകം സൂര്യൻ ചന്ദ്രൻ എന്ന രണ്ട് പന്തുകൾ പന്ത് കന്തുകം പന്ത് രണ്ടു ഗോളങ്ങൾ ദിനം ദിനം ദിവസേന ഓരോ ദിവസവും രാത്രിയും പകലും ശനയിലുയർന്നുയർന്നു വന്നു കൊന്നു തിന്നിടും സാവധാനത്തിൽ മാറി മാറി ഉദിച്ചു പൊങ്ങി ജനങ്ങളുടെ ആയുസ്സിനെ അപഹരിക്കുന്നു ഇത് കളിയായതുകൊണ്ട് നമ്മളിത് കണ്ട് ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ പോകുന്നത് നമ്മുടെ ആയുസ്സാണ് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല എത്ര പെട്ടെന്നാണ് ഈ ആയുസ് പോകുന്നത് നൊടി കൊണ്ട് ആയുസ് പോയി കിട്ടും ഇവരുതിച്ചുയർന്നുകൊണ്ടിരിക്കും പൊന്നു ഉയർന്നു ഒന്ന് താന്നു അടു അത് ഉയർന്നു ഇത് ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് അമ്മാനം ഈ രണ്ടു പന്തുകൾ അങ്ങ് മനം കവിഞ്ഞു മാറി ആടും അങ്ങ് മനന്നിറഞ്ഞ് ഈ രണ്ടു പന്തുകളെ അവിടുന്ന് മനന്നിറഞ്ഞ് ആനന്ദിച്ച് ആടുകയാണ് അമ്മാനം അമ്മാനമാടുന്ന അങ്ങ് ആ പന്തിൽ ഏകാഗ്രമായി കളിക്കുകയാണ് ഞങ്ങളെ നോക്കുന്നതേയില്ല അങ്ങ് മനം കവർന്നാടുക ഈ ജനം നനയ്ക്കുമൊക്കെയും ഈ ലോകവാദികളായ ജനങ്ങൾ അവരുടെ അഭിലാഷങ്ങളെല്ലാം നനയ്ക്കുമൊക്കെയും വിചാരിക്കുന്നതെല്ലാം എന്തെല്ലാം വിചാരിച്ചായി ചെയ്യുന്നത് എന്തുമാത്രം അഭിലാഷങ്ങളുണ്ട് ഒന്ന് എഴുതി വെച്ചാൽ ആശ അതിന് വല്ല അതിർത്തിയുണ്ടോ കരതല ഭിക്ഷ തരുതലവാസ തദവി നമുഞ്ചത്യാശാപാശ സന്യാസിയായി കരതലത്തിൽ ഭിക്ഷ വാങ്ങിച്ച് ജീവിക്കുക തരുതലത്തിൽ കിടന്നുറങ്ങുകയാണ് എന്നാലും ആശയ്ക്കൊരു കുറവുമില്ല ആശകളുടെ കൂട് കെട്ടിയാണ് ഈ ജീവിക്കുന്നത് ഈ ആശയും അഭിലാഷവും വിചാരവുമെല്ലാം ജനനിനക്കുമൊക്കെ വിചാരിക്കുന്നതത്രയും മണ്ണൊടുങ്ങും അതൊക്കെ മണ്ണടിയും ആശിച്ച് ജീവിച്ചവൻ ഒരാറടി മണ്ണിൽ ഒടുങ്ങുക അവൻ മാത്രമല്ല അവൻ്റെ ആശകളും ചിരപ്രതീക്ഷിതങ്ങളായ സകലെ ആശകളും ഒടുങ്ങുകയാണ് ആദിദൈവമേ ഹേ ആദിപുരുഷനായുള്ളവേ അങ്ങ് മാത്രം ജയിക്കുന്നു ജയിക്കുമാതിദൈവമേ അവിടുന്ന് മാത്രം ജയിക്കുന്നു കാരണം അങ്ങ് കളിക്കുകയാണ് പിന്നെ ജയിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ ജീവിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് മണ്ണൊടുങ്ങാതിരിക്കാനും പറ്റില്ല നല്ല ബിംബമാണോ ഏ ഇതൊരഞ്ച് വയസ്സിൽ പഠിച്ചാൽ എത്ര മര്യാദക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക ഒരഞ്ച് വയസ്സിൽ കുഞ്ഞിന് ഇതൊന്ന് ചൊല്ലിക്കൊടുത്തിട്ട് മോനെ ഇതാണ് സത്യം നിൻ്റെ അച്ഛൻ നിന്റെ അപ്പൂപ്പൻ നിന്റെ അപ്പൂപ്പൻ്റെ തന്ത ഒക്കെ ഒരുപാട് ആശിച്ചതാണ് അവരൊക്കെ ഈ മണ്ണിൽ ഒടുങ്ങിയിട്ടുണ്ട് നീ കാണുന്ന ആ മാറാൻ ചെമ്പും ആ വാഴയും കൊലച്ചത് അവരുടെ ആശയുടെ ചാരത്തിൽ നിന്നാണ് ഇവിടെ ആശിച്ചു ജീവിച്ച നിന്റെ അപ്പൂപ്പനെ നിന്റെ അച്ഛനെ നിൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛനെ അവിടെ ദഹിപ്പിച്ച ആ ചാരം തട്ടിക്കൂട്ടി അതിൽ വെച്ച മാറാൻ ചേമ്പാണ് ആ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് അവിടെ തൂയിയ എള്ളാണ് പൂക്കളായി വിരിഞ്ഞു നിൽക്കുന്നത് അവിടെ വെച്ച വാഴയാണ് കൊലച്ചു നിൽക്കുന്നത് അവിടെ നിന്ന് തെങ്ങാണ് മറിഞ്ഞു കിടക്കുന്നത് മോനെ മണ്ണൊടുങ്ങിയ ആശകളുടെ ശ്മശാനത്തിൽ നിന്നാണ് നീ ഉണർന്നു വന്നിരിക്കുന്നത് അത് കണ്ടിട്ടെങ്കിലും നീ നിന്നെ അറിയാൻ ശ്രമിക്കൂ ബിംബം കൊള്ളാവോ സമാധി ദിവസം പഠിക്കാൻ പറ്റിയ ബിംബമാണോ എന്തെന്ത് ആശകൾ എത്ര അത്ഭുതങ്ങൾക്ക് കാതോർത്ത് നിൽക്കുന്ന പ്രതീക്ഷകൾ എത്രയെത്ര ഇതിഹാസങ്ങൾ എത്ര തുച്ഛമാണ് ഈ ആയുസ് ഇത് കേൾക്കുമ്പോൾ സന്തോഷം വരും കുട്ടിക്കാലത്ത് കേട്ടാൽ ഇപ്പം കേട്ടാൽ പേടിയാകും അതാ ചോദിച്ചാൽ കുട്ടികൾക്ക് പേടിയാകുകയില്ലേ കുട്ടികൾക്ക് പേടിയാകില്ല നമുക്ക് പേടിയാകും കാരണം വെച്ചാൽ നമ്മളിപ്പോഴും ആശയുടെ ഗോപുരത്തിന് മുകളിലായിരിക്കുന്നു ഇത് മുഴുവൻ അടങ്ങി മണ്ണട് മണ്ണൊടുങ്ങുമെന്ന് പറയുമ്പോഴേക്ക് മറ്റവന് ആ മണ്ണ് അപ്പം ചുട്ട് തട്ടി എറിഞ്ഞ് കളിക്കുന്ന കളിയുടെ ഒരു സുഖം കിട്ടും അത് കഴിഞ്ഞാൽ അവൻ ഈ പന്തെടുത്ത് കളിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഇത് കുട്ടിക്കാലത്ത് കിട്ടണം കുറച്ചൊക്കെ ഉണ്ടാക്കി കുറച്ചൊക്കെ പ്രതീക്ഷിച്ച് കുറേയൊക്കെ ആശിച്ചു കഴിഞ്ഞാൽ പറ്റുമോ പണ്ടൊരു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു വഴിയാത്രക്കാരൻ കയറി ചെന്നു സുമുഖനാണ് നേരെ കയറി ചെന്നു നേരെ കയറി ആ സിംഹാസനത്തിന് മുമ്പിൽ നിന്നു കയ്യിലൊന്നുമില്ല ആയുധമൊന്നുമില്ല ഒരായുധവും ഇല്ലെങ്കിലും എൻ്റേതാണെന്ന് വിചാരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന രാജാവും പരിവാരങ്ങളും യുവരാജാവും മന്ത്രിമാരും ബാക്കിയുള്ളവരുമൊക്കെ ചാടിയേറ്റു സെക്യൂരിറ്റിയെ വിളിച്ചു സെക്യൂരിറ്റിയുടെ കയ്യിലും ഇവരുടെ കയ്യിലും ഒക്കെ ഉറേലും ആളുകളും ആയുധങ്ങളും എല്ലാം ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആയുധമില്ലാതെ കയറി വന്നേ അവനൊരു ഭയം ഉണ്ടാവും നാല് രാവിലെ ഒരായുധമില്ല അവർ വീട്ടിലേക്ക് കയറി ചെന്ന് ഒരായുധം കൂടാ നമ്മുടെ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്ക് കയറി ചെന്ന് നോക്കി അവൻ ഇത് വരച്ച് ഇത പാപത്തിന്റെ മുഴുവൻ ഭയവനുണ്ടാവും ഭയന്ന് വരച്ച് രാജാവ് ചോദിച്ചു നിങ്ങൾക്ക് എന്തു വേണം ആ ഒന്നേ ആഗതൻ മെല്ലെ സിംഹാസനം ചൂട്ടിട്ട് പറഞ്ഞു ഈ വഴിയമ്പലത്തിൽ അല്പനേരം ഇരുന്നോട്ടെ എന്ന് അക്ഷുഭ്യനായിട്ടാ പറഞ്ഞ രാജാവ് ചൂടായിട്ട് ചോദിച്ചത് വഴിയമ്പലമോ ഇത് എന്റെ സിംഹാസനമാണ് ശരി രാജൻ അങ്ങക്ക് മുമ്പ് ഇതിൽ ആരാണിരുന്നത് അങ്ങ് മൂന്ന് കൊല്ലം മുമ്പ് ഒരു ബുധനാഴ്ചയല്ലേ സിംഹാസനാരൂഢനായത് അതിനു മുമ്പും ഈ സിംഹാസനത്തിൽ ആരോ ഉണ്ടായിരുന്നല്ലോ എൻ്റെ അച്ഛൻ ഓ അതിനു മുമ്പോ രാജൻ എൻ്റെ അപ്പൂപ്പൻ അതിനു മുമ്പ് എത്ര പേരുടെ പറയും രാജൻ ഞങ്ങൾ പതിനെട്ട് രാജാക്കന്മാർ ഒരേ വംശത്തിൽ അതിനു മുമ്പ് മറ്റൊരു രാജവംശം നാളെയോ രാജൻ എൻ്റെ മകൻ രാജൻ ഞങ്ങളുടെ നാട്ടിലെ നിഖണ്ടുവിൽ പലരും മാറി മാറിയിരിക്കുന്ന സ്ഥലത്തിന് വഴിയമ്പലമെന്നാ പറയുക മനസ്സിലായില്ല ബിംബം രണ്ട് സങ്കല്പ രാജാവ് ഇരിക്കുന്നിടത്തോളം പരിമിതകാലം കാണുന്നു അതിൻ്റെ സമഗ്രമായ കാലം ഒരു ബിംബമായി കാണുമ്പോൾ ആ വഴിപോക്കൻ ചിരിക്കാൻ കഴിയുന്നവനായി കാണുന്നു രാജാവോ തൻ്റെതന്ന മമതയിൽ കാണുമ്പോൾ ചൂടാകുന്നു എന്തിനാ ഇത്ര ചൂടാകുന്നേ ഇതൊക്കെ ഇട്ടിട്ട് പോകണ്ടേ എന്ന് ചോദിച്ചാൽ പിച്ചാത്തിക്ക് ചട്ടുകത്തിന് ഒരു തവിച്ചോറിന് ഒരുതുണ്ട് ഭൂമിക്ക് ഇതൊക്കെ ഈ ദിനേശനും ഇന്ദുവും പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോൾ പോയി കിട്ടും ഇതൊരറിവായി നമ്മുടെ വൈകാരിക വ്യക്തിത്വത്തിൽ വീണാൽ നമ്മൾ മാറും മാറിയേ പറ്റൂ അതുളവാക്കുന്ന ഒരു ലോകം ഒരു നിമിഷാർത്ഥം കൊണ്ട് നമ്മൾ മാറി ആ ബിംബമായത് ഗുരുദേവൻ ഉപയോഗിച്ച് ഈ ബിംബം അസാധാരണം തന്നെയാണ് നമ്മൾ എന്നും കാണുന്നതാണ് പക്ഷെ നമ്മളിതുവരെ ഈ ബിംബം ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടില്ല കാര്യം നമ്മളിത് രണ്ടും കൂടെ ഒരുമിച്ച് കാണാൻ കന്യാകുമാരിയിലും പോയിട്ടുണ്ട് ഇവൻ താഴുന്നതും മറ്റവൻ പൊങ്ങുന്നതും ഒരുമിച്ച് കാണുന്നുണ്ട് എന്നാലും സദാശിവൻ ഇതെടുത്ത് അമ്മാനം ആടുകയാണെന്ന് നമുക്ക് തോന്നിയില്ല ഇത് അമ്മാനം ആടുമ്പോൾ അല്ലയോ ആദിദൈവമേ അവിടുന്ന് സൂര്യചന്ദ്രന്മാരാകുന്ന പന്തുകൾ കൊണ്ട് മനംകുളിർക്കെ അമ്മാനമാടുന്നു തൽഫലമായി ദിവസേനെ അവ മാറി മാറി ഉദിച്ചു ജനങ്ങളുടെ ആയുസ്സിനെയും സംഹരിക്കുന്നു ഭൗതികങ്ങളായ ആശകളും പ്രതീക്ഷകളും സംഗതങ്ങളുമായി കഴിയുന്ന ആ ജനങ്ങളുടെ ആശകളെല്ലാം സംഗതങ്ങളെല്ലാം പ്രതീക്ഷകളെല്ലാം അതോടെ മണ്ണടിയുന്നു അല്ലയോ ദൈവമേ അവിടുന്ന് മാത്രം ജയിക്കുന്നു സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവത് ലീലയാണ് ഇതവിടുത്തെ ലീലയാണ് അവിടുത്തെ ചമൽക്കാരമാണ് ദിനരാത്രങ്ങൾ സൂര്യചന്ദ്രന്മാരേട് തമ്മാനമാടുന്നതാണെന്ന് രൂപകം അത്തരം രൂപകങ്ങളൊക്കെ സ്വച്ഛന്തമായി വരിക കവിത സ്വയമേവാഗതമാവുക ഇന്ന് മത്സരിക്കാൻ വേണ്ടി നമ്മൾ പോയിരുന്ന നിഘണ്ടുവും വെച്ച് കവിത എഴുതി ഉണ്ടാക്കുകയാണ് ഒരു കവിയാകാൻ അങ്ങനെയല്ല സ്വച്ഛന്തമായി വരിക അതുകൊണ്ട് കാലം കൊന്നു തിന്നുന്നു എന്ന് നമ്മളെ കൊന്നു തിന്നുന്ന കാലം ഈ സൂര്യനും ചന്ദ്രനും ഉദയാസ്തമനങ്ങൾക്കനുസരിച്ച് നീങ്ങുമ്പോൾ നമ്മളിലൊരു സമയബന്ധിതമായ മാനമുണ്ട് ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു സൈറ്റോ ക്രോം ഒരു കോശമാവിനി അതിത്ര വിഭജനമെന്ന് കൃത്യമായി പറയും അവിടെ വെച്ച് തീരും ആ സമയമാപിനിയാണ് ഇതിന് കാരണം എന്നാൽ ജനങ്ങൾ ഈ കളിയുടെ രഹസ്യം മാത്രം അറിയുന്നില്ല അവർക്ക് ഈ കളിയുടെ രഹസ്യം മാത്രം അറിയാൻ കഴിയുന്നില്ല താർക്കികന്മാർ വൈയാകരണന്മാർ ശാസ്ത്രങ്ങൾ എല്ലാം കണ്ടതും കേട്ടതും എല്ലാം അപഗ്രഹിക്കുന്നു ശബ്ദമെടുത്ത് അപഗ്രഹിക്കുന്നു രൂപം അപഗ്രഹിക്കുന്നു എല്ലാം അപഗ്രഹിക്കുന്നു ഈ കളി തുടങ്ങിയ ഭഗവാനെ അവർ അറിയാൻ ശ്രമിക്കുന്നില്ല ബാക്കിയെല്ലാം അവർ അപഗ്രഹിക്കുന്നു അവർ അഭിലാഷങ്ങളുമായി മണ്ണടിയുന്നു താർക്കികന്മാരും വയ്യാകരണന്മാരും പുരോഹിതന്മാരും സന്യാസിമാരും ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരികളും എല്ലാം ഗൃഹസ്ഥനൊരു ഭാഗത്തൊരു കൊച്ചിൻ്റെ കാല് അതിനെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് മരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഉരുളി പോകുന്നു സന്യാസി ഇതെല്ലാം ഒരുത്തനെ ഏൽപ്പിച്ചു പോകാൻ വേണ്ടി ശിഷ്യനെ കിട്ടാൻ അതിനുള്ള യാഗങ്ങളുമൊക്കെ നടത്തി ഈ അഭിലാഷത്തിനിടയിൽ ഒരു ദിവസം അങ്ങ് പോകുന്നു മണ്ണടിയുന്നു അപ്പൊ എല്ലാ ആശകളും ധനാശകളും എല്ലാം സകല ചിന്തകളും ഇതോടെ മണ്ണടിയുന്നു അല്ലയോ ഭഗവാനെ അങ്ങ് മാത്രം ജയിക്കുന്നു ജഡസ്വരൂപമായ ലോകവും മംഗളസ്വരൂപമായ ശിവവും വേർതിരിച്ചറിയുക ശവവും ശിവവും ശവത്തിന് പിന്നാലെ പോകുന്നതിന് പകരം ശിവത്തിന് പിന്നാലെ പോയി ഈ കളിയെറിയുക എന്ന് പഠിപ്പിക്കുകയാണ് വീണ്ടും അഞ്ച് ദൈവമേ നിനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെയെന്ന് കൈവരുന്നതിന് ഇതെന്ന് ടിയനില്ലകംഷിതം ശൈവമൊന്നൊഴിഞ്ഞ് മറ്റുമുള്ളതൊക്കെ അങ്ങ് അങ്ങും ഇങ്ങും ആയി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നനയ്ക്കിൽ നീ ദൈവമേ നിലയ്ക്ക നീയും ഞാനും ഒന്നു തന്നെയെന്ന് കൈവരുന്നതിന്ന് അടിയനില്ലകംഷിതം ശൈവമൊന്നൊഴിഞ്ഞ് മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങും ിട വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിലക്കിൽ നീ ദൈവമേ നനയ്ക്ക ദൈവമേ അവിടുന്ന് മനസ്സിലാക്കുക എൻ്റെ ഒരു വിഷമം അങ്ങ് മനസ്സിലാക്കുക വളരെ പ്രാർത്ഥിച്ച് വിനീതനായി പറയുന്നതാണ് അല്ലയോ ഭഗവാൻ അല്ലയോ ദൈവമേ അവിടുന്ന് ഇതൊന്ന് മനസ്സിലാക്കുക എന്തേ എന്നെ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കില്ലേ അതുപോലെ ഭക്തൻ ഭഗവാനോട് പരിദേവനം പറ ചെയ്യുന്ന രംഗമാണ് ഭക്തിയുടെ നല്ലൊരു ഭാവമാകും നേരിട്ട് കാണുമ്പോഴാണ് ഈ പരിദേവനമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ശ്രവണ മനന നിതിധ്യാസനങ്ങളിലൂടെ സ്തുത്യാദികളിലൂടെ പല വഴികൾ പറയുന്നുണ്ട് ഭക്തിക്ക് പല രീതികളുണ്ട് നവവിധ മാർഗങ്ങളും മറ്റുമുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മ നിവേദനം ഇതിൽ ഈ ആത്മനിവേദനത്തിലൊക്കെ എത്തും കണ്ടാണ് പറയുന്നത് വേറൊരാൾ നോക്കിയാൽ ഭ്രാന്ത് പറയുകയാണെന്ന് തോന്നുന്നു നമുക്ക് കാണാൻ ആരും ഉണ്ടാവില്ല ഭക്തൻ കാണുന്നുണ്ടാവും ഭഗവാനോട് പരിദേവനങ്ങൾ പറയുന്ന ഭക്തി സാധുവാകുന്ന രംഗമാത് തൻ്റെ ഭഗവാനെ പ്രപഞ്ചാതിശായിയായി കണ്ടു ഭഗവാൻ കളിക്കുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്യുകയാണെന്നറിഞ്ഞു എൻ്റെ ആ ക്രമവികാസം നോക്കണം ഭഗവത് സ്വരൂപം ദർശിച്ചു ആ സ്വരൂപം ശുഭമാണെന്ന് അറിഞ്ഞു ഒന്നാം ശ്ലോകത്തിൽ മംഗളമാണെന്നറിഞ്ഞു ആ മംഗളമെന്ന് പറയുന്നതൊന്നും അമംഗളമല്ല അങ്ങയുടെ ശുഭമാണെന്ന് തിരിച്ചറിഞ്ഞു ആ ഭഗവത് ദർശനം സാധിച്ചിട്ട് അതിനെ വിരാട് രൂപമായി കണ്ടു അമ്പിളിത്തെല്ലും ഗംഗയും എല്ലാം നിറഞ്ഞ് വിശ്വാകാരമായി കണ്ടു ആ ഭഗവാന്റെ കരത്തലങ്ങളിൽ അമ്മാനമാടുന്ന സൂര്യചന്ദ്രന്മാരെ കണ്ടു ആ ദിനരാത്രങ്ങളിൽ ആയുസ് നഷ്ടപ്പെടുന്ന ആശകളെ കണ്ടു ഈ സംസാരം വിട്ടൊഴിഞ്ഞ് അക്കരെ കാത്തിരിക്കുന്ന പൂർണ്ണനായ അവിടുത്തെ കണ്ടു ആ പാദങ്ങളിൽ എന്നെ ചേർക്കേണമേ എന്ന് പ്രാർത്ഥിച്ച് ആയുസ് നഷ്ടപ്പെടുന്ന പ്രപഞ്ചപ്രതിഭാസത്തിൽ വിജയശ്രീലാളിതനാകുന്ന അങ്ങയെയും ദർശിച്ച് കഴിഞ്ഞ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പരിദേവനം സമർപ്പിക്കുകയാണ് ഇത്രയും ഓർക്കണം ഒരുമിച്ച് ആദ്യം മുതലെടുത്തത് മറന്നുപോകരുത് ആദ്യ ശ്ലോകം മുതൽ സജീവമായൊരു ചിത്രം മുമ്പിൽ വേണം മംഗളരൂപിയായ ശിവൻ ആ കരുണാമൂർത്തിക്ക് മുന്നിൽ അമംഗളങ്ങളെല്ലാം കാരുണ്യത്തിൻ്റെ മംഗളങ്ങൾ മാത്രം രണ്ട് ഈ സംസാരം താണ്ടിക്കടന്ന് ഒരുവിധത്തിൽ ഏകാഗ്രത ഈ സംസാര സമുദ്രത്തിന് അക്കരെ എത്തിയപ്പോൾ നിർമ്മമനായി നിൽക്കുന്ന അവിടുത്തെ ഞാൻ ദർശിച്ചു